ഒരു മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഈ വെള്ളിയാഴ്ച വീണ്ടും ദൈവോചനത്തിന് ചുറ്റാകെ ആയിരിക്കാനിടയാകുന്നല്ലോ നമ്മൾ ദൈവത്തിന്റെ പ്രവർത്തി ദൈവത്തിൻ്റെതായ വിധത്തില് ചെയ്യുന്നതിനെ ആ പുസ്തകം പഠിച്ചു വരികയായിരുന്നു അതിൽ ഇന്ന് അതിൻ്റെ പതിനൊന്നാമത്തെ അധ്യായത്തിൽ ആത്മീയ നികളം അതിനെ ചില അപകടകരമായ ചില കാര്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ പക്ഷേ അത് വളരെ വിശദമായിട്ട് പറയുകയാണ് നമുക്ക് ഈ കാര്യങ്ങൾ വീണ്ടും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കർത്താവ് ഏറ്റവും കൂടുതൽ ശാസിച്ചത് പരീശന്മാരെയാണ് എന്നാൽ കാണാൻ കഴിയും എന്നാൽ നമ്മൾ നോക്കുക കർത്താവിൻ്റെ കാര്യങ്ങൾ പലതും നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് മനുഷ്യൻ കണക്ക് നിന്ന് വ്യത്യസ്തമാണ് എന്നുവെച്ചാൽ വിശുദ്ധനായ ദൈവം ഈ ഭൂമിയിൽ വന്നാൽ അശുദ്ധരായ പാപികളെയാണ് ഏറ്റവും കൂടുതൽ ശാസിക്കുന്നത് എന്നാണല്ലോ നമ്മൾ കരുതുക എന്നാൽ കർത്താവായ യേശു ഭൂമിയിൽ വന്നപ്പോൾ അശുദ്ധരായ പാപികൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ അല്ലെങ്കിൽ ചുങ്കക്കാരൻ ഇങ്ങനെയൊക്കെ പരസ്യമായിട്ട് തന്നെ അശുദ്ധരെന്ന് കണ്ടിരുന്ന ആളുകളെ കർത്താവ് പരസ്യമായിട്ട് ശാസിച്ചത് മറിച്ച് മതത്തിൻ്റെതായ ഒരു മേലങ്കി ധരിച്ച അതുപോലെ പുറലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ബാഹ്യമായിട്ട് തെറ്റൊന്നും പറയാനില്ലാത്ത മതത്തിൻ്റെ നിഷ്ഠകളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്ന പരീശന്മാരെയാണ് കർത്താവ് വളരെ ശക്തമായിട്ട് ശാസിച്ചത് മത്തായി സുവിശേഷം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം എടുത്ത് വായിച്ചു നോക്കുക അവിടെ ഈ പരീശന്മാരെ ശാസിച്ചപ്പോൾ യേശു അവരുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങളുടെ മുമ്പാകെയാണ് യേശു അവരെ പരസ്യമായിട്ട് എപ്പോഴും ശാസിച്ചത് ഒന്ന് അവരുടെ കപടഭക്തിയാണ് എന്നുവെച്ചാൽ ആ നിലയിൽ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് നടത്തുന്ന ഭക്തിയുടെ ബാഹ്യപ്രകടനം രണ്ട് എന്ന് പറഞ്ഞാൽ ആത്മീയമായ നികളം നോക്കുക കർത്താവായ യേശു അല്ലെങ്കിൽ ദൈവം എബ്രാഹിം ലേഖനം പതിമൂന്നിന്റെ എട്ടിൽ നമ്മൾ വായിക്കുന്ന പോലെ ഇന്നലെയും ഇന്നും എന്നും നീക്കും അനന്യനാണ് മാറ്റമില്ലാത്തവനാണെങ്കിൽ മാറ്റമില്ലാത്തവനാണെങ്കിൽ യേശു ഇന്ന് ഈ ഭൂമിയിൽ വന്നാൽ നമ്മുടെ മധ്യത്തിൽ വന്നാൽ അവിടുത്തെ രണ്ടായിരം വർഷം മുമ്പ് വന്നപ്പോഴുള്ള മനോഭാവത്തിന് മാറ്റമൊന്നും ഉണ്ടായിരിക്കേയില്ല കർത്താവ് ഇന്ന് വന്നാൽ കർത്താവ് ഏറ്റവും കൂടുതൽ ശാസിക്കുന്നതാരെയായിരിക്കും ആത്മീയമ ആത്മീയരെന്ന് കരുതുന്ന ക്രിസ്തീയ മതലോകത്തിലെ ആളുകളെ ആയിരിക്കും കർത്താവ് ഏറ്റവും കൂടുതൽ ശാസിക്കുക പരീശന്മാരെയാണല്ലോ കർത്താവ് രണ്ടായിരം വർഷം മുമ്പ് ഏറ്റവും ശാസിച്ചത് ചുങ്കക്കാരെയും പാവികളെയും കർത്താവ് അവരോട് കരുണയോടെ ഇടപെട്ടു എന്ന് പറഞ്ഞതുപോലെ ഇന്ന് കർത്താവ് വന്നാലും കർത്താവ് ക്രിസ്തീയ മതലോകത്തുള്ളവർ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ആളുകൾ അവരതിൻ്റെ ആന്തരികമായ യാഥാർഥ്യം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ കർത്താവ് അന്ന് പരീഷന്മാരെ ശാസിച്ചതുപോലെ ഇന്ന് നമ്മെ ആയിരിക്കാം ശാസിക്കാൻ ഇടയാകുന്നത് എന്നുള്ള ആ വസ്തുത മനസ്സിലാക്കി നമ്മൾ നമ്മളെ തന്നെ ഈ വചനങ്ങളുടെ മുമ്പാകെ നമ്മളെ കൊണ്ടുവരിക ശോധന ചെയ്യുക നമ്മൾ പറഞ്ഞത് പരീഷന്മാരെ ശാസിക്കാനായിട്ട് രണ്ട് കാരണങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് കപടഭക്തി ഉള്ളിലില്ലാത്ത ഒരു ഭക്തി നമ്മൾ പുറമേ കാണിക്കുന്നതാണ് ബാഹ്യമായ ഒരു കപടഭക്തി എന്ന് പറയുന്നത് അത് കർത്താവിന് ആർപ്പുള്ള ഒരു കാര്യമാണ് രണ്ടാമത്തേത് ആത്മീയമായ നികളമാണ് നികളം എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ മോശമല്ല എന്നുള്ള സ്വയപ്രശംസയിൽ ഊന്നിയ ഒരു കാര്യമാണ് നമ്മൾ അതുകൊണ്ട് നികളത്തിന് നേരെ എതിരായ താഴ്മയിലൂടെയാണ് ദൈവം കർത്താവ് ഈ ലോകത്തെ ആ നിലയിലെ രക്ഷിക്കാനായിട്ട് വന്നത് അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെ താൻ താഴ്ത്തി അങ്ങനെ താണു വന്ന് നികളത്തിന് നേരെ എതിരായ നിലയിലാണ് കർത്താവ് ഈ രക്ഷണ പ്രവൃത്തി കൊണ്ടുവന്നത് അതുകൊണ്ട് നമുക്ക് അറിയാവുന്നതുപോലെ നമ്മളും ഇന്ന് താഴ്മയിൽ നിന്നാൽ ദൈവം കർത്താവ് നമ്മളെ പിന്തുണയ്ക്കും അതേസമയം നികളത്തിൽ നിന്നാലോ നമ്മൾ ഒന്ന് പത്രോ സഞ്ചാമത്തെ അതിന്റെ അഞ്ചാമത്തെ വാക്യം നമ്മൾ പലപ്പോഴും വായിക്കാറുള്ളതാണല്ലോ ആ ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു നമ്മൾ താഴ്മയുള്ളവരാണെങ്കിൽ ദൈവം നമ്മുടെ പിന്നിൽ നിന്ന് നമ്മളെ മുന്നോട്ട് ആത്മീയമായിട്ട് മുന്നോട്ട് തള്ളി നമ്മളെ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്നാൽ നമ്മൾ നിഗളികളാണെങ്കിലോ ഇവിടെ ഈ പുസ്തകത്തിന്റെ രചയിതാവ് പറഞ്ഞേക്കുന്നത് അങ്ങനെയാണെങ്കിൽ ദൈവം നികളുകളോട് എതിർത്ത് നിൽക്കുന്നു അപ്പം നമുക്കൊരാത്മീയ നികളുണ്ടെങ്കിൽ ദൈവം നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മളെ പുറകോട്ട് തള്ളും എന്നാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്കറിയാം പിശാചും ലോകവും ജഡവും നമ്മളെ ആത്മീയമായിട്ട് മുന്നോട്ട് പോകാതെ നമ്മളെ പുറകോട്ട് തള്ളിക്കൊണ്ടിരിക്കുക അങ്ങനെയുണ്ടെങ്കിൽ ദൈവം കൂടെ നമ്മളെ മുമ്പിൽ നിന്ന് പുറകോട്ട് തള്ളിയാൽ നമുക്ക് പിന്നെ വല്ല രക്ഷയുണ്ടോ ഇല്ല പക്ഷെ ദൈവം നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മളെ പുറകോട്ട് തള്ളാതിരിക്കാൻ നമ്മൾ എന്തു വേണം നമ്മൾ നികളമില്ലാത്തവരായിരിക്കണം എന്ന് നമ്മൾ താഴ്മയുള്ളവരാണെങ്കിൽ ദൈവം നമ്മുടെ പിന്നിൽ നിന്ന് നമ്മളെ മുന്നിലേക്ക് തള്ളും താഴ്മയുള്ളവർക്ക് അവിടുന്ന് കൃപ നൽകും നികളികളോട് അവിടുന്ന് എതിർത്ത് നിൽക്കും ഇതാണ് ദൈവത്തിൻ്റെ സ്വഭാവം ദൈവത്തിന് തൻ്റെ സ്വഭാവം ത്യജിപ്പാനായിട്ട് കഴിയുകയില്ല പ്രിയപ്പെട്ടവർ നമ്മൾ നോക്കുക നമുക്ക് ഈ ആത്മീയമായ ഒരു നികളം വരാവുന്ന ചില ആളുകൾ അതിനെതിരെ ജാഗ്രത പാലിച്ച് വളരെ ദൈവഭക്തരായിട്ട് നിന്ന കർത്താവിൻ്റെ അംഗീകാരം നേടിയ ദൈവത്തിൻ്റെ അംഗീകാരം നേടിയ പലരെ നമുക്ക് കാണാൻ കഴിയും ആ കൂട്ടത്തിൽ കർത്താവായ യേശു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ യോഹനാൻ സ്നാപകനാണ് യോഹനാൻ സ്നാപകൻ യേശുവിന് മുന്നോടിയായിട്ട് വന്നവനാണ് യേശുവിനേക്കാൾ സീനിയറാണ് എന്ന് പറയാം എന്നാൽ യോഹനാൻ തന്നെ തന്നെ നോക്കിയപ്പോഴും തന്നെ എപ്പോഴും തന്നെക്കുറിച്ച് വളരെ താഴ്മയിലാണ് നിന്നത് യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ യോഹനാൻ സ്നാപകൻ തന്നെക്കുറിച്ച് പറയുന്നു താനൊരു ശബ്ദം മാത്രമാണ് ഞാൻ എന്താ ഒരു ഒരു മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദം മാത്രം എന്നാൽ സത്യത്തെ ഞാനൊരു പ്രവാചകനാണെന്നോ ഈ കാലഘട്ടത്തിലെ ഒരു ദൈവമനുഷ്യനാണെന്നോ ഒന്നുമല്ല താൻ ഒരു ശബ്ദം മാത്രമാണ് എന്നാണ് യോഹന്നാൻ സ്നാപകൻ പറയുന്നത് നോക്കുക എത്ര താഴ്മയോടെയാണ് താൻ തന്നെ തന്നെ അതുപോലെ യോഹന്നാൻ മൂന്നിൻ്റെ മുപ്പത് വായിക്കുക അവിടെ യോഹന്നാൻ സ്നാപകൻ പറയുന്നത് ഞാൻ കുറയണം യേശു വളരണം സാധാരണ ഈ ലോകത്തിൻ്റെ രീതി എന്താ ഞാൻ വളരണം ബാക്കി എല്ലാവരും കുറയണമെന്നല്ലേ യോഹന്നാൽ സ്നാമകൻ നേരെ തിരിച്ചായിരുന്നു താൻ കുറയണം യേശു വളരണം എന്ന് താൻ ആഗ്രഹിച്ചു അതുപോലെ തന്നെ അതിൻ്റെ മത്തായി മൂന്നിൻ്റെ പതിനൊന്നിൽ യോഹന്നാൽ സ്നാമകൻ പറയുന്നു ഞാൻ അവൻ്റെ ചെരുപ്പ് ചുമക്കാൻ പോലും യോഗ്യനല്ല യേശുവിനെ കുറിച്ച് പറയുക തന്നെക്കാൾ പിന്നാലെ വന്നവനാണ് പക്ഷെ അവൻ്റെ ചെരുപ്പ് ചുമക്കുവാൻ പോലും ഈ യോഗ്യനല്ല എന്ന് പറഞ്ഞു ഇതൊക്കെ ദൈവോജനത്തിൽ രേഖപ്പെടുത്തി വയ്ക്കും എന്നറിഞ്ഞുകൊണ്ട് താൻ ചില പ്രസ്താവന നടത്തിയതാണോ അല്ല അല്ല താൻ യഥാർത്ഥമായിട്ടും തൻ്റെ ഹൃദയത്തിലുള്ള ചിന്തകൾ പറഞ്ഞതാണ് അപ്പം നോക്കുക യോഹനാൻ സ്നാപകൻ എത്ര താഴ്മയുള്ള ഒരാളായിരുന്നു നമുക്ക് യോഹനാൻ സ്നാപകനിൽ നിന്ന് ഈ താഴ്മ പഠിക്കാനായിട്ട് കഴിയും എന്നാൽ യോഹനാൻ അങ്ങനെ തന്നെ തന്നെ താഴ്ത്തിയപ്പോ നമ്മളിവിടെ കണ്ടതുപോലെ നമ്മൾ ഒന്ന് പത്ര ദിവസം അഞ്ചിന്റെ അഞ്ചിൽ വായിച്ചതുപോലെ താഴ്മയുള്ളവർക്ക് അവിടെ ദൈവം കൃപ നൽകുമെന്ന് പറഞ്ഞതുപോലെ മത്തായി മൂന്നിൻ്റെ അഞ്ച് നോക്കുക യോഹനാൻ തന്നെ തന്നെ പരസ്യപ്പെടുത്തുകയും ഒന്നും ചെയ്തില്ലെങ്കിലും ദൈവം തന്നെ അവനു പ്രവർത്തിച്ചു അവന് വേണ്ട നൽകി അവനെ പിന്നിൽ നിന്ന് മുന്നോട്ട് തള്ളി പൊതുരംഗത്ത് മുൻപിൽ കൊണ്ടുവന്നു അവിടെ കാണുന്നു അനേകരെ യോഹന്നാനെ കേൾക്കാനായിട്ട് വന്നു എന്ന് നമ്മൾ കാണുന്നു പ്രിയപ്പെട്ടവര് ദൈവം താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കും എന്നുള്ള കാര്യം നമുക്ക് ഈ യോഹന്നാൻ്റെ ജീവിതത്തിലെ ഈ ഉദ്ധരിച്ച വാക്യങ്ങൾ എല്ലാം ചേർത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും നമ്മൾ അതുപോലെ തന്നെ പൗലോസിൻ്റെ കാര്യം നോക്കുക പൗലോസിന് താന് ആത്മീയ നീളമുണ്ടാകാമെന്നുള്ളതിനെക്കുറിച്ച് തനിക്കൊരു ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് രണ്ടുപോരിഞ്ചർ പന്ത്രണ്ടിൻ്റെ ഏഴിൽ താൻ പറയുന്ന വെളിപ്പാടുകളുടെ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ച് പോകാതിരിക്കാനായിട്ട് ജഡത്തിൽ ദൈവം എനിക്ക് തന്ന ശൂലമാണിത് എന്നാണ് താൻ പറയുന്നു അപ്പം താനും നിഗളിച്ചു പോകാൻ തനിക്കൊരു സാധ്യത ഉണ്ടായിരുന്നു അല്ലാതെ ഞാൻ വലിയ അപ്പോസ്തലിനാണ് ഇനി ഞാൻ നികളിക്കുകയില്ല എന്നല്ല പൗലോസ ചിന്തിച്ചത് ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ ഈ നികളം മൂലം ഉണ്ടാകുന്ന ആപത്തിനെക്കുറിച്ച് ബോധ്യമുള്ളവനായിരുന്നു പൗലോസ ഈ നികളെന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി താൻ എപ്പോഴും ദൈവം മുമ്പാകെ ജീവിച്ചു റോമർ പതിനഞ്ചിൻ്റെ പതിനഞ്ചിൽ താൻ മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നത് അത് ദൈവത്തിനുള്ള വഴിപാടാണ് എന്നാണ് പറയുന്നത് അല്ലാതെ താൻ മനുഷ്യർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പോലും മനുഷ്യരുടെ മുമ്പാകെ അല്ല ജീവിച്ചത് താൻ പറയുന്നു ഞാന് ജാതികൾക്ക് വേണ്ടി ചെയ്യുന്ന ഈ പ്രവർത്തികൾ ദൈവത്തിനുള്ള വഴിപാടാണ് എന്ന് താനെ പറയുന്നു കണ്ടോ മിനിസ്റ്ററിങ് ടു ഗോഡ് ദൈവത്തിൻ്റെ മുമ്പാകെയാണ് താനെ മനുഷ്യർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൾ പോലും നിർവഹിച്ചത് അപ്പം നോക്കുക നമ്മളെ യോഹന സ്നാപകനെക്കുറിച്ച് പഴയ നിയമത്തിലെ ഒരാൾ കർത്താവിന് മുമ്പുള്ള ഒരാൾ അതുപോലെ കർത്താവിൻ്റെ കാലഘട്ടത്തിന് ശേഷം വന്ന പൗലോസ് അപ്പോസ്തലൻ ഇവർക്ക് രണ്ടു നിഗളിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ അവർ നിഗളിച്ചില്ല അവരെ തങ്ങളെ തന്നെ താഴ്മയിൽ സൂക്ഷിച്ചു അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ നിന്ന് പാഠമെടുത്ത് നമുക്ക് നമ്മളെ തന്നെ താഴ്മയിൽ സൂക്ഷിക്കാം പലപ്പോഴും വിശ്വാസികളെ ആത്മീയ നികളത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം എന്താണ് നമ്മൾ നോക്കുമ്പോ ദൈവം അവർക്ക് തന്നിട്ടുള്ള ഭൗതികമായോ ആൽമീകമായോ ഉള്ള അനുഗ്രഹങ്ങളാണ് പലപ്പോഴും അവരുടെ തല അവരെ നികളത്തിലേക്ക് കൊണ്ടുപോകാനിടയാകുകയും ചെയ്യുന്നത് നമ്മൾ ദരിദ്രരായിരിക്കുമ്പോൾ അല്ലെങ്കിൽ പല വിധത്തിൽ നമുക്ക് ആവശ്യക്കാരായിട്ട് ആയിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും താഴ്മയിൽ നിൽക്കും അതേസമയം നമ്മുടെ നില വ്യത്യസ്തമായി നമുക്ക് കുഞ്ഞുങ്ങളെല്ലാം നല്ല നിലയിലായി അല്ലെങ്കിൽ നമ്മൾ ആരോഗ്യമായിട്ട് നന്നായിരിക്കുന്നു നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പേരൊക്കെയായി ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കേണ്ടത് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോഴാണ് ഭൗതികമായോ ആത്മീകമായോ നമ്മളെ അനുഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ നികളത്തിനെതിരെ വളരെ ശ്രദ്ധിക്കേണ്ടത് ദൈവം തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ ഗൗരവമായിട്ട് ഈ കാര്യത്തെ എടുത്തില്ലെങ്കിൽ നമ്മളെ നിഗളികളാക്കി തീർക്കും മൂന്ന് യോഹന്നാൻ ഒൻപതാമത്തെ വാക്യം നോക്കുക യോഹന്നാൻ്റെ മൂന്നാമത്തെ ലേഖനം മൂന്ന് യോഹന്നാൻ ഒൻപതാമത്തെ വാക്യം അവിടെ ദിയോത്രഫേസ് എന്ന് പറയുന്ന ഒരു മൂപ്പനെക്കുറിച്ച് പറയുന്നു അവൻ്റെ പ്രത്യേകത അവിടെ എന്താ പൗലോ യോഹനാൻ അപ്പോസലൻ പറയുന്നു ഞങ്ങൾ അവിടെയുള്ള സഭയ്ക്ക് ചില കാര്യങ്ങൾ എഴുതിയിരുന്നു പക്ഷെ അവരിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്ന ദിയോത്രഫേസ് ഞങ്ങളെ കൂട്ടാക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പം ദിയോത്രഫേസ് അവിടെ സഭയിൽ എല്ലാവർക്കും അംഗീകാരമുള്ള ഒരു നല്ല സഹോദരനായിരുന്നു പക്ഷെ അവൻ്റെ പ്രശ്നമെന്താ അവൻ്റെ പ്രശ്നം അവിടെ പറയുന്നുണ്ട് അവരിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിച്ചു മുന്നോട്ടു പോകുവാനവൻ ആഗ്രഹിച്ചു അവരുടെയൊക്കെ നേതാവാകാൻ ആഗ്രഹിച്ചു അതാണ് അവനെ യോഹന്നാനെതിരെ പോലും നിൽക്കത്തക്കവണ്ണം നികളത്തിലേക്ക് കൊണ്ടുവന്നത് അവരിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുക ലവ് ടു ബി ഫസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ ഒരു വേർഷനിലത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒന്നാമനാകുന്നതിനെ സ്നേഹിച്ചു നമുക്കൊക്കെ നമ്മുടെ ജഡത്തിൽ ഒന്നാമനാകാനുള്ള ഒരു അതിനുള്ള ഒരു ആഗ്രഹമുണ്ട് ഇവിടെ ഇദാ ദിയോത്രേഴ്സ് ആ നിലയില് അവനെ ദൈവം അനുഗ്രഹിച്ചു ഒരു സഭയില് അവനൊരു സ്ഥാനം നൽകി ആ ദൈവം നൽകിയ അനുഗ്രഹം തന്നെ അവനെ എന്താക്കി തീർത്തു അവനെ നികളിയാക്കി തീർത്തതാണ് നമ്മൾ അവിടെ വായിക്കുന്നത് നമ്മൾ അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം രണ്ടും മൂന്നും അധ്യായങ്ങളില് അവിടെ ഏഴ് സഭകൾക്കുള്ള ദൂത നമ്മൾ വായിക്കുമ്പോൾ അതിലെ രണ്ടേ രണ്ട് സഭകളെ മാത്രമാണ് നല്ല അഭിപ്രായം അല്ലെങ്കിൽ തെറ്റൊന്നും പറയാതിരിക്കുന്നത് സ്മൂർനയിലെ സഭയും ഫിലഡൽഫിയയിലെ സഭയും ബാക്കി അഞ്ച് സഭകളെക്കുറിച്ചും അവരുടെ നേതൃത്വത്തിലുള്ളവരെ കുറിച്ചും ദൈവാത്മാവ് കർശനമായിട്ട് പറയും അവർ പിന്മാറ്റത്തിലായിപ്പോയി അവരെ അവരെ സഭകളുടെ ഉത്തരവാദിത്തത്തിലുള്ള ആളുകളായിരുന്നു പക്ഷെ അവരെ ആ അവരെ എന്തു ആക്കി തീർത്തു അവരെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോയി പിന്മാറ്റത്തിലേക്ക് പോകാനെന്താ കാരണം അവര് നിഗളിച്ചു പോയി അവര് നോക്കുമ്പോൾ ഈ സഭകളിലെ മൂപ്പന്മാരും ഉത്തരവാദിത്തത്തിലുള്ളവരും ഒക്കെ നോക്കുമ്പോൾ തങ്ങളുടെ സഭ കുഴപ്പമില്ല എന്നൊക്കെയുള്ള ആത്മീയമായ കാര്യങ്ങളിൽ തന്നെ അവര് തൃപ്തരായും അവര് നിഗളികളായും പോയപ്പോൾ അവരെ പിന്മാറ്റത്തിലേക്ക് പോയി അതേസമയം സ്മുർന്നയിലെ സഭയും ഫിലഡൽഫിയയിലെ സഭയും ആ രണ്ട് സഭകളുടെ ആ ഭാഗങ്ങളെ നമ്മൾ എടുത്തു വെച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവർ രണ്ടു കൂട്ടരും ആത്മാവിൽ ദാരിദ്ര്യമുള്ളവരായിരുന്നു എന്നുവെച്ചാൽ നികളത്തിന് നേരെ എതിരായിട്ട് ആ താഴ്മയിൽ ആത്മാവിൻ്റെ ദാരിദ്ര്യത്തോടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നവരായിരുന്നു ഫിലഡൽഫിയയിലെ സഭയും സ്മുർനയിലെ സഭയും മറ്റേ അഞ്ച് സഭകളോ ദൈവം തന്ന അനുഗ്രഹങ്ങളിൽ അവർ നികളിച്ചു പോയി ദൈവം അവരെ പരസ്യമായിട്ട് ശാസിക്കുന്നു അതുകൊണ്ട് ഇന്നും കർത്താവ് നമ്മളോട് പറയുന്നു നമ്മളെ ഓരോ ദിവസവും നമ്മൾ എന്ത് വേണം നമ്മുടെ തന്നെ പ്രവൃത്തി ശോധന ചെയ്യണം ഗലാത്തർക്ക് എഴുതിയ ലേഖനം ആറാമധ്യായോ അതിൻ്റെ നാലാമത്തെ വാക്യം നോക്കുക ഓരോരുത്തൻ താൻ താൻ്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ നമ്മൾ ജാഗ്രത പാലിക്കേണ്ടത് രണ്ട് കാര്യങ്ങളിലാണ് ഒന്ന് കപടഭക്തി രണ്ട് നികിളം നമുക്ക് ദൈവം ചില കാര്യങ്ങൾ ചെയ്തു അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഭംഗിയായിട്ട് ചെയ്യാൻ ദൈവം ആളുകളുടെ അഭിനന്ദനങ്ങൾ ലഭിക്കുന്നു ഇതെല്ലാം വരുമ്പോ നമ്മൾ എന്തോ വേണം ഓരോരുത്തൻ താന്താൻ്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ അപ്പോൾ അവൻ എന്ത് എന്ത് മനസ്സിലാകും അയ്യോ ദൈവം ആണ് എനിക്കിതിന് കൃപ തന്നത് എനിക്കിതിൻ്റെ അകത്ത് നികളിക്കാനായിട്ടൊന്നുമില്ല എന്നുള്ള കാര്യം ദൈവത്തിൻ്റെ മുമ്പാകെ തൻ്റെ പ്രവൃത്തിയെ ശോധന ചെയ്യുമ്പോൾ അവന് മനസ്സിലാകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ നികളത്തെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പേടിച്ചു പോകണ്ട അതിനെതിരെ നിൽക്കാനായിട്ടുള്ള ഒരു ഒരു അതിൻ്റെ ഒരു കീയെ അതിൻ്റെ ഒരു താക്കോല് ഗലാത്തിയർ ആറിൻ്റെ നാലിൽ കാണുകയാണ് എന്താ താന്താൻ്റെ പ്രവൃത്തിയെ ശോധന ചെയ്യട്ടെ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവിക്കുക ഇവിടെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ നികളത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതായിട്ട് ഈ പുസ്തകത്തിലെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നികളത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് കഴിയും എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു ഒന്ന് എന്ന് പറയുന്നത് െപ്പോഴും നമ്മുടെ മുഖം പൊടിയിൽ വെച്ച് എപ്പോഴും ദൈവത്തിൻ്റെ ആരാധകനായിരിക്കുക മുഖം പൊടിയിൽ വെക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തു ഒരാളെയാണ് ആരെയാണ് മോശ മോശ എന്ത് ചെയ്തു മോശ എപ്പോഴും താന് നികളിക്കാവുന്ന രംഗങ്ങളിൽ അല്ലെ തനിക്കെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ ഒക്കെ മോശ എന്തു ചെയ്തു തൻ്റെ മുഖം പൊടിയിൽ വെച്ച് ദൈവത്തിൻ്റെ ആരാധകനായിട്ട് നിൽക്കും നിന്നു നമുക്കും ദിവസംതോറും നമ്മുടെ മുഖത്തെ താഴ്ത്തി വെച്ച് ദൈവത്തിൻ്റെ ആരാധകരായിട്ട് നിൽക്കാം നമ്മൾ ഒരുത്തരുടെയും ആരാധന സ്വീകരിക്കാതെ ഒരു ഒരു മഹത്വവും സ്വീകരിക്കാതെ നമ്മൾ നമ്മുടെ മുഖത്തെ പൊടിയിൽ താഴ്ത്തിവെച്ച് മോശയെപ്പോലെ ദൈവാരാധകരായിരുന്നാൽ നികളത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയും രണ്ടാമത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ഒരു സാധാരണ സഹോദരൻ മാത്രമാണ് എന്നെപ്പോഴും ഓർക്കുക പൗലോസ് അങ്ങനെ ആയിരുന്നല്ലോ പൗലോസിന് തൻ്റെ അന്നേരം താൻ എന്ത് ചെയ്തു ദൈവത്തിൻ്റെ മുമ്പാകെ ജീവിച്ചു ദൈവമാണ് എനിക്ക് ഈ വെളിപ്പാട് തന്നത് എന്ന് താനെ മനസ്സിലാക്കി രണ്ടാമത് തൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ആളുകൾക്ക് പല സഹായങ്ങൾ ചെയ്തു ആളുകളെ പലതരത്തിൽ താന് സേവിച്ചു പക്ഷെ അത് തന്നെ നിഗളിയാക്കി തീർക്കാതിരിക്കാൻ വേണ്ടി ഞാന് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തത് ദൈവത്തിനുള്ള വഴിപാടാണ് ഞാൻ ദൈവത്തെയാണ് ശുശ്രൂഷിക്കുന്നത് അവിടെയും ദൈവത്തിൻ്റെ മുമ്പാകെ ജീവിച്ചു അപ്പം നോക്കുക നമ്മളൊരു സാധാരണ സഹോദരനാണ് ദൈവം തന്ന കൃപയനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ എന്നെപ്പോഴും നമ്മൾ ഓർത്താൽ അത് നമ്മളെ നികളത്തിൽ നിന്ന് രക്ഷിക്കും മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ച കാര്യമല്ല ദൈവം നിങ്ങളെ സ്നേഹിച്ച കാര്യം ധ്യാനിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും നമ്മൾ നടന്ന് പോകുമ്പോഴും ഒറ്റയ്ക്ക് ഇരിപ്പിക്കുമ്പോഴുമൊക്കെ നമ്മൾ ദൈവത്തെ സ്നേഹിച്ചതും നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്തതും ദൈവവേലയ്ക്കായിട്ട് കൊടുത്തതും ദൈവത്തിൻ്റെ പ്രവർത്തികളിൽ അത് നമ്മൾ ചുമല് കൊടുത്തതിനെ കുറിച്ചുമൊക്കെയുള്ള ചിന്തകൾ അതിൽ നമ്മൾ മുഴുകരുത് നമ്മൾ ദൈവത്തെ സേവിച്ചതല്ല അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച കാര്യങ്ങളെ ചിന്തിച്ചു കൊണ്ടിരിക്കാതെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച കാര്യങ്ങളെ ഓർക്കുക ഭാവിയും ദോഷിയുമായിരുന്നു നമ്മളെ ദൈവം സ്നേഹിച്ചു നമ്മളെ തെരഞ്ഞെടുത്തു നമ്മളെ അവിടുത്തെ മകനാക്കി തീർത്തു ഇങ്ങനെ ദൈവം നമ്മളോട് കാണിച്ച സ്നേഹത്തെ നമ്മൾ ധ്യാനിക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ ഹൃദയത്തെ ആ നിലയിൽ നമ്മൾ ജാഗ്രതയുള്ളവരായിട്ടായിരിക്കണം പൗലോസ് തൻ്റെ വിശ്വാസത്തിൽ നിജപുത്രനായ തീമത്യോസിനോട് പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാം നീ എന്ത് വേണം നീയെ ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കുക എന്നാ പറയുന്നു രണ്ട് തീമത്തിയോസ് രണ്ടാമത്തെയും അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യമാണ് ഏ നീയെ ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കാൻ ശ്രമിക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത് എന്നുവെച്ചാൽ തീമത്തിയോസിനെ കിട്ടിയ അംഗീകാരങ്ങളൊക്കെ ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ അവനെ ദൈവത്തിൻ്റെ അംഗീകാരം കിട്ടാൻ കിട്ടി കിട്ടാനായിട്ട് അവനെ പ്രേരിപ്പിക്കുന്ന നിലയിൽ ഇവിടെ പൗലോസ് പറയുന്നു നീ എന്തു ചെയ്യണം ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കാൻ ശ്രമിക്ക എപ്പോഴാണ് താന് തീമത്യോസ് ദൈവ ശുശ്രൂഷയിൽ ഇരുപത്തഞ്ചു വർഷം പിന്നിട്ടു ഇരുപത്തഞ്ചു വർഷം പിന്നിട്ട തേമത്യോസിനോടാണ് പറയുന്നത് നീ ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കാൻ ശ്രമിക്കേമത്യോസ് ആരാ ഫിലിപ്പിയ രണ്ടിൻ്റെ പത്തൊൻപത് ഇരുപത്തിരണ്ട് വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ പൗലോസിന് വളരെ വളരെ ആ നിലയില് തനിക്ക് താനെ വളരെ സ്നേഹിക്കുന്ന തൻ താൻ തുല്യ ചുത്തൻ എന്ന് കരുതുന്നവനായ തീമത്യോസാണ് വളരെ നല്ല കാര്യങ്ങളേ അവൻ്റെ ജീവിതത്തിൽ ഉള്ളു പക്ഷെ അങ്ങനെയുള്ള തീമത്യോസിനു പോലും പൗലോസ് കൊടുക്കുന്ന മുന്നറിയിപ്പ് എന്താ ഞാന് ഇതാ ഇപ്പോൾ തന്നെ പാനീയകമായിട്ട് അർപ്പിക്കപ്പെടാൻ പോകുന്നു ഇനി നിന്റെ മുമ്പിൽ നീ എന്ത് വേണം നീ ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കാൻ ശ്രമിക്ക യാൽ മറ്റു പലരും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആദ്യകാല പ്രവർത്തകർ പലരും ദേമാസും മറ്റും നഷ്ടമായി പോയതുപോലെ നഷ്ടമായി പോകും എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നു പ്രിയപ്പെട്ടവരെ നമുക്കും ഈ മുന്നറിയിപ്പ് നമുക്ക് ഗൗരവമായിട്ടെടുക്കാം ഇവരെ ഇവർക്കൊക്കെ തീമത്യോസിനും പൗലോസിനും ഒക്കെ ഈ നിലയിലുള്ള ഒരു ജാഗ്രത ഉണ്ടായിരുന്നെങ്കിൽ നമുക്കും ജാഗ്രതയുള്ളവരായിട്ടായിരിക്കാം നമുക്ക് നമ്മുടെ മുഖത്തെ എപ്പോഴും പൊടിയിൽ വെക്കാം സാധാരണ ഒരു സഹോദരൻ എന്ന് ചിന്തിക്കാം ദൈവം നമ്മളോട് കാണിച്ച സ്നേഹത്തെ ധ്യാനിക്കാം അതുപോലെ നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മുടെ പ്രവൃത്തിയെ നമുക്ക് ശോധന ചെയ്യാം ദൈവം നമ്മളെ അനുഗ്രഹിച്ച അനുഗ്രഹങ്ങൾ നമ്മളെ നികളിയാക്കി മാറ്റാതിരിക്കാൻ ജാഗ്രതയുള്ളവരായിട്ടായിരിക്കാം എങ്കിൽ നമുക്ക് നികളത്തിൽ നിന്ന് രക്ഷപ്രാപിപ്പാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ ദൈവസഭയില് നമ്മള് ദൈവവചനം കേൾക്കുമ്പോ പലപ്പോഴും നമ്മൾ ചിലപ്പോ ദൈവ എൻ്റെ ജീവിതം ഞാൻ പലതും നഷ്ടപ്പെടുത്തിയല്ലോ വേണ്ടതുപോലെ മനസ്സിലാക്കിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു പ്രതീക്ഷ നഷ്ടപ്പെട്ടവരെ പോലെയും നിരാശയിൽ ആകുന്നവരെ പോലെയും വരാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം പിശാച നമ്മുടെ കുറവുകളെ കാണിച്ച് നമ്മളെ നിരുത്സാഹപ്പെടുത്തും എന്നാൽ ദൈവവചന വായിച്ചു നോക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി വർഷങ്ങൾ നഷ്ടമാക്കി കളഞ്ഞു നമ്മള് പിൻപന്മാരായിപ്പോയി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ പ്രായമുള്ള ആളുകൾ പലരും ആത്മീയ ജീവിതത്തിൽ ഇതിനകം തന്നെ നല്ല നിലപാടുകൾ എടുത്ത് വളരെ മുമ്പിലെത്തി ഇതൊക്കെ കണ്ട് നമ്മൾ നമ്മളെ തന്നെ പഴിച്ചും നിരാശപ്പെട്ടും ഇരുന്ന് പോകരുത് ഞാൻ ഈ ആഴ്ച ഒരു സഹോദരനോട് സംസാരിക്കുകയായിരുന്നു തൻ്റെ ജീവിതത്തിൽ ഈ കാര്യങ്ങളെയൊക്കെ വളരെ ഗൗരവമായിട്ട് ദൈവോജനത്തെ എടുക്കുന്ന ഒരാളാണ് ഓരോ ആഴ്ചയും കേൾക്കുന്ന ദൈവോജനം പക്ഷേ എനിക്ക് പലപ്പോഴും അത് പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു നിരാശയും ഒരു സങ്കടവും ഒരു കുറ്റബോധവും ഒരു കുറ്റം വിധിയും അങ്ങനെയൊക്കെ ആയിപ്പോകാനുള്ള ഒരു സാധ്യത അദ്ദേഹത്തിൽ എന്നുള്ളത് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുകയായിരുന്നു ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവർ നമ്മുടേതുപോലെ ദൈവജനം വളരെ ഗൗരവമായിട്ട് കേൾക്കുന്ന ഒരിടത്ത് പിശാജ പലപ്പോഴും നമ്മളെ ഒരു കുറ്റം വിധിയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ അതിനെതിരെ നമ്മൾ എപ്പോഴും ജാഗ്രതയുള്ളവരായിട്ട് നിൽക്കണം ദൈവചനം കേട്ട് പ്രത്യേകിച്ചും അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ദൈവവചനം നമുക്ക് പ്രതീക്ഷയാണ് നൽകുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം ഇവിടെ ഇതാ നികളത്തെ ഒക്കെ നമ്മൾ കേട്ടു ഉടനെ നമ്മൾ നി നികളിച്ചു പോയ സന്ദർഭങ്ങളെ കുറിച്ചും നിരാശപ്പെട്ടു പോകരുത് നമുക്ക് ദൈവം എന്തു ചെയ്യുന്നു പിൻപന്മാരായ ആളുകളെ മുൻപന്മാരാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ സാധാരണ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമാണ് ബൈബിളിൽ കാണുന്ന കർത്താവായ യേശു കർത്താവ് പാവികളെ തേടി വന്നു തങ്ങളിൽ തന്നെ വലിയ ആത്മീയ നേട്ടം കൈവരിച്ചെന്ന് പറഞ്ഞ് പരീശന്മാരെ അവിടുന്ന് ശാസിച്ചു എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ പോയ പലർക്കും വളരെ സാധ്യതയുണ്ട് അവര് മുൻപന്മാരായി തീരും എന്നുള്ള വലിയ പ്രതീക്ഷ പറയുന്ന ഏഴ് ഉപമകൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് നമ്മളത് പലതും നമുക്കറിയാം എങ്കിലും ഏഴ് ഉപമകള് കർത്താവ് പിൻപന്മാർക്ക് മുൻപന്മാരായി തീരാൻ കഴിയും നഷ്ടപ്പെട്ട നാളുകളെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും എന്നുള്ള ആ ഒരു വാഗ്ദാനം നൽകുന്ന ആ ഒരു പ്രത്യാശ നൽകുന്ന ഏഴ് ഉപമകൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് വളരെ വേഗത്തിൽ അതുകൂടെ പറഞ്ഞ് നമുക്ക് ഈ വചനങ്ങൾ നമുക്ക് തൽക്കാലം നമുക്ക് ഉപസംഹരിക്കാമെന്ന് കരുതുന്നു മത്തായി എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ കർത്താവ് ഒരു ഉപമ പറയുക ആ ഉപമയിൽ പതിനൊന്നാം മണിക്കൂറിൽ വന്ന ആളുകളുണ്ട് അതായത് മൊത്തം പന്ത്രണ്ട് മണിക്കൂറാണ് വേല ചെയ്യാനുള്ള സമയം അതിൽ പതിനൊന്ന് മണിക്കൂർ നഷ്ടമാക്കി പതിനൊന്നാം മണിക്കൂറിൽ മാത്രം കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാൻ വന്നു പക്ഷേ ആ പിൻപന്മാർക്ക് എന്ത് പറ്റി നമ്മളവിടെ പ്രതിഫലം കൊടുക്കുമ്പോൾ യജമാനൻ ആദ്യം അവർക്ക് പ്രതിഫലം കൊടുക്കുന്നു അതുപോലെ മുൻപന്മാർക്ക് കൊടുത്ത ഒരേ ഒരു വെള്ളിക്കാഴ്ച തന്നെ ഇവർക്കും കിട്ടുന്നു അപ്പം കണ്ടോ പിൻപന്മാരായിപ്പോയി പതിനൊന്ന് മണിക്കൂറ് അവർ വൃതാവാക്കിക്കളഞ്ഞു നഷ്ടമാക്കിക്കളഞ്ഞു ഇങ്ങനെയുള്ള നിരാശയൊന്നും അവർക്ക് വേണ്ട ആ പിൻപന്മാരെ മുൻപന്മാരെ ഒരു ദൈവമാണുള്ളത് എന്നാണ് മത്തായി എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞ ഉപമ വ്യക്തമാക്കുന്നത് നമുക്കറിയാവുന്ന രണ്ടാമത്തെ പ്രസിദ്ധമായ ഒരു ഉപമ മുടിയൻ ഉപമയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാമധ്യായം ഇരുപത്തിരണ്ടാം വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ഇരുപത്തിരണ്ടാമത്തെ വാക്യം നോക്കുക അവൻ എന്ത് ചെയ്തു ഈ മുടിയൻ പുത്രൻ ധൂർത്തപുത്രൻ മൊത്തമുള്ള പിതാവിൻ്റെ സ്വത്തിൻ്റെ പകുതിയും നഷ്ടപ്പെടുത്തി പിതാവിന് പേരുദോഷം വരുത്തി പക്ഷെ അവൻ അവസാനം എന്ത് കിട്ടി ഏറ്റവും നല്ല വസ്ത്രം കിട്ടി മേത്തരമായ വസ്ത്രം കിട്ടി പിതാവിൻ്റെ ആ മോതിരം അവന് കിട്ടി പിതാവിൻ്റെ വലത്ത് വിരുന്നില് അവന് സ്ഥാനം കിട്ടി അതേസമയം ആ മൂത്ത ജ്യേഷ്ഠനോ നീതി നീ നീതിയായിട്ട് ജീവിച്ച മൂത്ത ജ്യേഷ്ഠനോ അവന് ആ സ്ഥാനത്തേക്ക് വരാനായിട്ട് കഴിഞ്ഞില്ല കണ്ടോ ഒരു പിൻപൻ ജീവിതം നഷ്ടപ്പെടുത്തിയ ആള് മുടിയൻ പുത്രൻ ധൂർത്തപുത്രൻ അവനേറ്റവും നല്ല വസ്ത്രവും മോതിരവും പിതാവിൻ്റെ വലതുവശത്തുള്ള സ്ഥാനവും കിട്ടി ലൂക്കോസ് ഏഴിൻ്റെ നാൽപ്പത്തൊന്ന് നോക്കുക ലൂക്കോസ് ഏഴിൻ്റെ നാൽപ്പത്തൊന്ന് അവിടെ അധികം പാപം ചെയ്തവന് അധികം ക്ഷമ കിട്ടി അവന് എന്ത് ലഭിച്ചു അവന് അധികം കർത്താവിനെ സ്നേഹിക്കാനായിട്ടും കർത്താവിനോട് കൂടുതൽ അടുക്കാനായിട്ടും കഴിഞ്ഞു കണ്ടോ അതിൻ്റെ അർത്ഥം പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല നമ്മൾ പറഞ്ഞത് പക്ഷെ കഴിഞ്ഞ കാലത്ത് നമുക്ക് പാപം ചെയ്തു പോയി നമുക്ക് തെറ്റുകൾ വന്നുപോയി നമ്മൾ ജീവിതം പാഴാക്കി പോയി എങ്കിൽ അനുദപിച്ച് നമുക്കിപ്പോൾ ഈ പിൻപന്മാ പിൻപനായ നമുക്കും മുൻപനായിട്ട് വരാൻ കഴിയും അധികം പാപം ചെയ്തു എന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ കാലത്തെ അനുഭവമാണ് പക്ഷേ നമ്മളത് ദൈവസന്നിധിയിലേക്ക് വന്നാൽ നമുക്കധികം ക്ഷമ കിട്ടും അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ദൈവത്തെ അധികം സ്നേഹിക്കാനായിട്ട് കഴിയും കർത്താവിനോട് കൂടുതൽ അടുപ്പം മറ്റുള്ളവരെക്കാൾ നമുക്ക് കൈയാളാനായിട്ട് കഴിയുകയും ചെയ്യും നമ്മൾ പറഞ്ഞത് പത്തായി എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായത്തിലെ ഒരു വെള്ളിക്കാശ് വീതം പിൻപിന് ലഭിച്ചത് ആ കാര്യം പറഞ്ഞു ലൂക്കോസ് പതിനഞ്ചിലെ മുടിയമ്പുത്രന്റെ ആ ഉപമ പറഞ്ഞു ലൂക്കോസ് ഏഴിൻ്റെ നാൽപ്പത്തൊന്നിൽ അധികം പാപം ചെയ്തെങ്കിലും അധികം ക്ഷമ കിട്ടി അധികം സ്നേഹിക്കാൻ കഴിഞ്ഞു കർത്താവിനോട് കൂടുതൽ അടുപ്പത്തിൽ വരാൻ കഴിഞ്ഞു ആ മറ്റായി ഇരുപത്തി ഒന്നിന്റെ നോക്കുക ഒരു മകൻ പിതാവിനോട് ആദ്യം മറുത്തു പറഞ്ഞു പിന്നെ അവൻ എന്തോ ചെയ്തു പിന്നെ അവൻ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തു അങ്ങനെ അവസാനം ആ പിതാവിനോട് മറുത്തു പറഞ്ഞ ആ മകൻ മറ്റേ തൻ്റെ സഹോദരനിൽ നിന്ന് വ്യത്യസ്തനായി പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ പിൻപനായിപ്പോയി എന്നുണ്ടെങ്കിലും അവനെ മുൻപനാക്കുന്ന ഒരു ദൈവമാണുള്ളത് മറ്റായി ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തെട്ടാമത്തെ വാക്യം പിതാവിനോട് ആദ്യം അവൻ മറുത്തു പറഞ്ഞു അവൻ സമയം പാഴാക്കി പിൻപനായിപ്പോയി പക്ഷേ പിന്നീട് നൈവേഷണം ചെയ്യാനായിട്ട് അവൻ തയ്യാറായപ്പോൾ കണ്ടോ അവൻ മുൻപനായിത്തീർന്നു ലൂക്കോസ് പതിനഞ്ചിൻ്റെ മൂന്ന് നമ്മൾ നഷ്ടപ്പെട്ട ആടിൻ്റെ ഉപമയാണ് മുണിയമ്പുത്രൻ്റെ ആ കാര്യം പറയുന്ന അതേ അധ്യായത്തിൽ ലൂക്കോസ് പതിനഞ്ച് അതിൻ്റെ മൂന്നാമത്തെ വാക്യം നോക്കുക അതിൽ ഒരാട് നഷ്ടപ്പെട്ടു പോയി പക്ഷെ ആ നഷ്ടപ്പെട്ടു പോയ ആ ആടാണ് ഇടയനോട് കൂടുതൽ അടുപ്പത്തിൽ വരാൻ കഴിഞ്ഞത് എങ്ങനെയാണ് ഇടയൻ്റെ ചുമലിൽ കയറിയാണ് അത് വരുന്നത് അതുപോലെ അവനെ ആ ആടിനെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് ഇടയനും ഇടയൻ്റെ സ്നേഹിതനും സന്തോഷിക്കുന്നു കണ്ടോ അപ്പോ നഷ്ടപ്പെട്ട ആട് വഴിതെറ്റിപ്പോയ ആട് അത് പിൻപനായിപ്പോയി പക്ഷെ ആ പിൻപനായ ആടിന് എന്ത് കിട്ടി ഇടയൻ്റെ ചുമലിൽ കയറി കയറി ആലയിലേക്ക് വരാനും ആ ഇടയൻ്റെ സന്തോഷം ഈ ആടിനെ ചൊല്ലി അവനും അവൻ്റെ കൂട്ടുകാരെ സന്തോഷിക്കുന്നതിന് അതിൻ്റെ കേന്ദ്രമായി നിൽക്കാനും ഒക്കെ ആ നഷ്ടപ്പെട്ട ആടിന് ഇടയായി കണ്ടോ പിൻപൻ മുൻപനായി ലൂക്കോസ് പതിനാലിൻ്റെ പത്ത് നോക്കുക കല്യാണ അവസാനത്തെ കസേര എടുത്ത ഒരുവൻ പക്ഷെ അവൻ എന്തോ കിട്ടി അവൻ പിൻപനാ കല്യാണ അവൻ അവസാനത്തെ കസേരയാ കിട്ടിയത് അവൻ ഒടുവിലായിരിക്കും വന്നത് അവന് അവസാന അവസാനത്തെ സീറ്റേ ലഭിച്ചുള്ളൂ ലൂക്കോസ് പതിനാല് പത്ത് പക്ഷേ അവനെ ആ വിരുന്നിലെ പ്രധാന ഇരിപ്പിടത്തിലേക്ക് അവനെ ആനയിക്കുന്നു പിൻപൻ മുൻപനായി ലൂക്കോസ് പതിനെട്ടൊൻപത് തെറ്റുകാരനായ ചുങ്കക്കാരൻ നമുക്കറിയാവുന്ന കഥയാണ് അവൻ ചുങ്കക്കാരൻ തെറ്റേ ചെയ്തുള്ളൂ പക്ഷെ അവൻ എന്തായി തീർന്നു ഒരു ബാഹ്യമായിട്ട് തെറ്റൊന്നും ചെയ്യാഞ്ഞ പരീശിനേക്കാളും മുമ്പനായി തീർന്നു അവൻ ഈ ചുങ്കക്കാരൻ നീതിമാനെന്ന് ദൈവം തന്നെ പ്രഖ്യാപിച്ചു കണ്ടോ അവൻ ഈ ചുങ്കക്കാരൻ ദൈവീകമായ പ്രമാണത്തിന് മുമ്പാകെ പിൻപനായിരുന്നു തുടക്കത്തിൽ പക്ഷേ അവനെ മുൻപനാക്കി തീർത്തു കണ്ടോ പിൻപന്മാർ മുൻപന്മാരാകുന്ന ഏഴ് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് മത്തായി ഇരുപതിൻ്റെ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ലൂക്കോസ് പതിനഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് മുടിയൻ പുത്രൻ്റെ ഉപമ ലൂക്കോസ് ഏഴിൻ്റെ നാൽപ്പത്തി ഒന്ന് മത്തായി ഇരുപത്തി ഒന്നിൻ്റെ ഇരുപത്തിയെട്ട് ലൂക്കോസ് പതിനഞ്ചിൻ്റെ മൂന്ന് ലൂക്കോസ് പതിനാലിൻ്റെ പത്ത് ലൂക്കോസ് പതിനെട്ടിൻ്റെ ഒൻപത് ഏഴുപമകൾ നമ്മൾ എണ്ണമിട്ട് പറയുമ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെടുത്തിയെങ്കിലും ദൈവവചനത്തിന് മുൻപാകെ നമ്മൾ അനുതാപത്തോടെ വൈകിപ്പോയി പതിനൊന്ന് മണിക്കൂർ നഷ്ടമായി പോയി എങ്കിലും ഈ പതിനൊന്നാം മണിക്കൂറിലെങ്കിലും നമ്മൾ ദൈവവചനത്തെ ഇനി ഹൃദയപൂർവ്വം അനുസരിക്കാനായിട്ട് തീരുമാനിച്ചാൽ പിൻപനായ നമ്മെ ദൈവം തീർക്കും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ വർഷങ്ങളിൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ കാര്യം ഗൗരവമായിട്ട് എടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വർഷങ്ങളുടെ കണക്കേ നമുക്ക് പറയാനുളളൂ നമ്മൾ ഈ കാര്യം ഗൗരവമായിട്ട് എടുത്തില്ല എന്നാൽ ഇന്ന് നമുക്ക് ദൈവവചനത്തെ ഗൗരവമായിട്ടെടുക്കാം നമ്മൾ നമ്മുടെ ആ പഴയ അവസ്ഥ മാറ്റി പിൻവെന്നുള്ള അവസ്ഥ മാറ്റി ദൈവരാജ്യത്തിൽ മുമ്പനാക്കാൻ ദൈവത്തിന് കഴിയും അങ്ങനെ നമുക്കൊരു പ്രത്യാശ നൽകുന്ന ഏഴ് ഉപമ കർത്താവ് തന്നെ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് പ്രത്യാശയോടെ ദൈവജന കേൾവിയുടെ മുമ്പാകെ നിരാശപ്പെടാതെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തന്നെ നമുക്ക് അനുതാപത്തോടെ ചെല്ലാം ദൈവം നമ്മളെ കൈ കൈ കൈക്കൊള്ളും മുടിയൻ സ്വീകരിച്ച പിതാവ് ഓ നഷ്ടപ്പെട്ടു പോയ ആടിനെ ചുമല്ലേറ്റിക്കൊണ്ടുവന്ന ആ ഇടയൻ കല്യാണ അവസാന കസേര എടുത്തവനെ മുൻപിലത്തെ ഇരിപ്പിടത്തിലേക്ക് വിളിച്ച ആ ആ ആ വിരുന്നു വാഴി അതുപോലെ ദൈവം നമ്മളെയും മുന്നോട്ട് കൊണ്ടുവരും ദൈവത്തിൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലുക ദൈവം നമ്മളെ കൈവിടുകയില്ല ഈ ദൈവവചനം നമ്മെ മുന്നോട്ട് വരാൻ കർത്താവിലേക്ക് കൂടുതൽ ഈ ദിവസങ്ങളിൽ പ്രയാസങ്ങളുള്ള ഈ സമയത്ത് കർത്താവിലേക്ക് കൂടുതൽ ഹൃദയം കൊണ്ട് അടുത്തു വരാൻ കൂടുതൽ ആഴപ്പെട്ട് ദൈവത്തിനോട് ചേർന്ന് നിൽപ്പാൻ ഈ വചനങ്ങളെല്ലാം നമ്മെ സഹായിക്കട്ടെ ദൈവം നമ്മെ നടത്തട്ടെ ആ